ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ പന്തിലുവരെ അടുക്കൽ വിളിച്ച് സകലഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൌഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൌഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത് വഴിക്ക് വടിയും ആപ്പവും പണവും ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പ് വരുതേ നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടം വിട്ടുപോകും വരെ അവിടെ തന്നെ പാർപ്പീൻ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ടു അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവീൻ അവർ പുറപ്പെട്ടു എങ്ങും സുശേഷിച്ചും രോഗികളെ സൌഖ്യമാക്കിയും കൊണ്ട് ഊർദോറും സഞ്ചരിച്ചു സംഭവിക്കുന്നത് എല്ലാം ഇടപ്രഭുവായ ഹെരോതാവ് കേട്ടു യോഹനാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ചിലരും ഏരിയാവ് പ്രത്യക്ഷനായി എന്നു ചിലരും പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റുവെന്നും മറ്റ് ചിലരും പറഞ്ഞുകൊണ്ട് ഹരോതാവ് ചഞ്ചലിച്ചു യോഹനാനെ ഞാൻ ശിരിച്ഛേദം ചെയ്തു എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്നത് ഇവൻ ആർ എന്ന് പറഞ്ഞു അവനെ കാണാൻ ശ്രമിച്ചു അപ്പോൾ സ്ഥലന്മാർ തങ്ങൾ ചെയ്തത് ഒക്കെയും അവനോട് അറിയിച്ചു അവൻ അവരെ കൂട്ടിക്കൊണ്ട് എന്ന പട്ടണത്തിലേക്ക് തനിച്ച് വാങ്ങിപ്പോയി അത് പുരുഷാരെ അറിഞ്ഞു അവനെ പിന്തുടരുന്നു അവൻ അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൌഖ്യമാക്കുകയും ചെയ്തു പകൽ കഴിവാറായപ്പോൾ പന്തിരൂപർ അടുത്തുവന്നു അവനോട് ഇവിടെ നാം മരുഭൂമിയിലായിരിക്കും പുരുഷാരൻ ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞതിന് അഞ്ചപ്പവും രണ്ട് മീനുമല്ലാതെ അധികം ഞങ്ങളുടെ പക്കൽ ഇല്ല ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ഫോജ്യങ്ങൾ കൊള്ളണമോ എന്നു അവർ പറഞ്ഞു ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് അവരെ അമ്പത് വീതം പന്തി പന്തിയായി ഇരുത്തുവീൻ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി അവൻ ആ അഞ്ച് അപ്പവും രണ്ടു മീനും എടുത്തുകൊണ്ട് സ്വർഗ്ഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിന് വിളം ശിഷ്യന്മാരുടെ കൈയിൽ കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കാഷണം പന്ത്രണ്ട് കൊട്ട അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെയുണ്ടായിരുന്നു അവൻ അവരോട് പുരുഷാരൻ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു യോഗനാശനാപകനെന്നും ചിലർ ഏലിയാവൂ എന്നും മറ്റു ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റുവെന്നും അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദീപത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു ഇത് ആരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പൻമാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരു തന്നെ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ട് സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ യുവാക്കളെ പറഞ്ഞിട്ട് ഏകദേശം എട്ടുനാൾ കഴിഞ്ഞപ്പോൾ അവൻ പസോസിനെയും യോഹന്നാനേയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു മോശയും എലിയാവും തന്നെ അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ ഇരിച്ചിരുന്നതിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു പത്രോസും കൂടെയുള്ളവരും ഉറക്കത്തിൽ ഭാരപ്പെട്ടിരുന്നു ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന രണ്ടു പുരുഷന്മാരെയും കണ്ടു അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട് ഗുരു നാം ഇവിടെയിരിക്കുന്ന നല്ലതേ ഞങ്ങൾ മൂന്നുകൂടി ലുണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏരിയാവനു എന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു മേഘത്തിൽ നിന്ന് ഇവനെന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്നു ഒരു ശബ്ദമുണ്ടായി ശബ്ദമുണ്ടായ നേരത്തെ യേശുവിനെ തനിയെ കണ്ടു അവർ കണ്ടത് ഒന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൌനമായിരുന്നു പിറ്റേ നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബേഹുപുരുഷാരോ അവനെ എതിരേറ്റു കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു അവൻ എനിക്ക് ഏകജാതനാകുന്നു ഒരാത്മാവ് പിടിച്ചിട്ട് അവൻ നിലവിളിക്കുന്നു അതു അവനെ നുരപ്പിച്ചു പിടപ്പിക്കുന്നു പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു അതിനെ പുറത്താക്കുവാൻ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു യേശു അശ്വാത്മാവനെ ശാസിച്ചു ബാലനെ സൌഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു എല്ലാവരും ദൈവത്തിന്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു യേശു ചെയ്യുന്നതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളി മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു ആ വാക്കു അവർ ഗ്രഹിച്ചില്ല തിരിച്ചറിയാത്തവണ്ണം അവർക്ക് മറഞ്ഞിരുന്നു ആ വാക്ക് സംബന്ധിച്ചു അവനോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു അവരിൽ വെച്ചു ആർ വലിയവൻ എന്ന ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു യേശു അവരുടെ ഹൃദയവിചാരം കണ്ടു ഒരു ശിശുവിനെ എടുത്തു അരികെ നിർത്തി ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നീ അയച്ചവനെ കൈക്കൊള്ളുന്നു നിങ്ങളെല്ലാവരിലും ചെറിയവനായവൻ അത്ര വലിയവൻ ആകും എന്നു അവരോട് പറഞ്ഞു നാഥ ഓരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹനാം പറഞ്ഞതിന് യേശു അവനോട് വിരോധിക്കരുത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ എരിശിലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു എന്നാൽ അവർ ഈരിശിലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കാൽ അവർ അവനെ കൈക്കൊണ്ടില്ല അതു അവന് ശിഷ്യന്മാരായി യാക്കോബും യോഹനാനും കണ്ടിട്ട് കർത്താവെ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ നശിപ്പാൻ ഞങ്ങൾ പറയുന്ന നിങ്ങൾക്ക് സമ്മതമോ എന്ന് ചോദിച്ചു അവൻ തിരിഞ്ഞു അവരെ ശാസിച്ചു നിങ്ങൾ ഏത് ആത്മാവിനും അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാൻ അത്ര വന്നത് പറഞ്ഞു അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി അവർ വഴി പോകുമ്പോൾ ഒരുത്തന അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തല ചായ്പനസ്ഥാനമില്ല എന്ന് പറഞ്ഞു വേറൊരുത്തനോട് എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞാറെ അവൻ ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു അവൻ അവനോട് മരിച്ചവർ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദേവരാജം അറിയിക്കാ എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്നു പറഞ്ഞു